എന്റെ ജനതയെ അല്ലാഹു സുബാനഹുവ ചായാലയുടെ ഈ ഒട്ടകം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകുന്നു അതിനാൽ അല്ലാഹുവിന്റെ ഭൂമിയിൽ അതിനെ ഭക്ഷിക്കാൻ വിടുക അതിന് യാതൊരു ദോഷവും വരുത്തരുത് എങ്കിൽ അടുത്തുകാണെന്ന ശിക്ഷ നിങ്ങളെ പിടികൂടും